നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരു നന്മയും അള്ളാഹുസുബഹാനഹുവറ്റ ആലയിൽ നിന്നുള്ളതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏതൊരു തിന്മയും നിങ്ങളുടെ സ്വന്തം പ്രവർത്തികൾ മൂലമാണ് മനുഷ്യർക്ക് ദൂതനായിട്ടാണ് നാം നിന്നെ അയച്ചിരിക്കുന്നത് സാക്ഷിയായി അല്ലാഹു സുബഹാനഹുവറ്റ് ആല മതിയായവനാണ്